സിദ്ധാന്തികനും രജുവിന് സർപ്പത്തെ ആരോപിക്കുന്നതിനും സർപ്പത്തിന്റെ പൂർവ്വ പ്രതീതി ഉണ്ടായിരിക്കണം പക്ഷെ അത് സത്യമായിരിക്കണമെന്ന് പൂർവ്വ അനുഭവം ഉണ്ടായാൽ രജു സർപ്പത്തെ ആരോപിക്കാം അപ്പോ ഒന്നിനെ ആരോപിക്കുന്നതിന് അവന്റെ മുൻ അനുഭവം വേണം പക്ഷെ അത് പരമാർത്ഥസത്യമായിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞു പറയുന്നത് ശരി അത് അംഗീകരിക്കാം അത് പ്രതീയ മാനസ്യ പരമാർത്ഥസം അങ്ങനെ പ്രതീതിക്ക് വിഷയമാകുന്നത് പരമാർത്ഥമായിരിക്കണമെന്നില്ല പ്രതീതി ഉണ്ടായാൽ ആരോപിക്കും പക്ഷെ ചോദിക്കുന്ന ഈ ശരീരാദികളുടെ പ്രതീതി തന്നെ എങ്ങനെ സംഭവിക്കുന്നു കാരണം ശരീരാദികളെ നിങ്ങൾ പറയുന്ന അസത്തൊന്നാണ് അത് അസത്താണ് അപ്പോ അസത്തായിരിക്കുന്ന ഒന്നിന്റെ പ്രതീതി ഉണ്ടാകത്തില്ല അത് പ്രതീതി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ ആരോപിച്ചു അതിന് ഉദാഹരണം പറയുന്നു ആകാശഭൂസ്മസത്താണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതീതി ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഒരിടത്തും ആകാശഭൂഷമത്തെ ആരോപിക്കാൻ പറ്റത്തില്ല അതുപോലെ ശരീരാദി പ്രപഞ്ചത്തെ നിങ്ങൾ അസത്തുനിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അതിന് പ്രതീതി ഉണ്ടാകത്തില്ല പ്രതീതി ഇല്ലെങ്കിൽ പിന്നെ അതിനാരോപിക്കാൻ കഴിയത്തില്ല അപ്പം പൂർവകല്പത്തിലെ ശരീരാദികളുടെ പ്രതീതി ഉള്ളതുകൊണ്ട് ഈ കല്പത്തിൽ ഇതൊക്കെ ആരോപിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർവകല്പത്തിൽ അത് അസത്താണെന്നും പറഞ്ഞു അസത്താണെങ്കിൽ അങ്ങനെ പ്രതീതി ഉണ്ടാകത്തില്ലെന്നും ഉദാഹരണം എന്താണ് ഇതാണ് പൂർവക്ഷി പറയുന്നത് പ്രകാശമാനത്വമേവ ഹി ചിതാത്മനോഭിസത്വം നത് തത് അതിരിക്തം സത്താസാമാന്യസമവായോ അർത്ഥക്രിയകാരിതാവത്തെ പിന്നെ അസത്താണെങ്കിൽ പ്രതീതമാകത്തില്ല സത്തെന്ന് പറഞ്ഞാൽ പ്രതീതമാകുന്നു ആകാശകുസ്മസത്താണ് അതിന്റെ പ്രതീതി ഇല്ല ചിതാത്മാവാണെങ്കിലോ അത് അതിന്റെ അനുഭവമുണ്ട് അത് പ്രകാശിക്കുന്നതെന്ന് വെച്ചാൽ അത് അനുഭവപ്പെടുന്നു അത് പ്രകാശിക്കുക എന്നുള്ളതാണ് ചിതാത്മാവിന്റെയും സത്വം ചിതാത്മാവ് സത് എന്ന് എന്തുകൊണ്ട് പറയുന്നു അത് പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് അതിന് സത്യചിത്തം എന്ന് പറയുന്നത് ചിത്തായി പ്രകാശിക്കും ചിത്തായിരിക്കുക എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നു അതുകൊണ്ട് തന്നെ അതെന്താണ് സത്താണ് ചിതാത്മാവിനെ സത് എന്നാണ് അദ്വൈതി പറയുന്നത് എന്തുകൊണ്ടാണ് അത് അല്ലാതെ ചിതാത്മാവ് എങ്ങനെ സത്താകും ആത്മാവ് സത്താകുന്നതിന് ബൌദ്ധന്മാർ അല്ല തർക്കന്മാരെന്താ പറയുന്നത് സത്താ സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് സത്താവ് ദ്രവ്യം ഗുണം കർമ്മം മൂന്നിലും സത്വ സമവായ സംബന്ധത്തി ആത്മാവ് ദ്രവ്യമാണ് അതിന് സത്വ സമവായ സംബന്ധത്തി അതുപോലെ സത്ത സമവായ സംബന്ധത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആത്മാവ് സത്തായി ഇനി ബൗദ്ധന്മാർ പറയുന്ന എന്താണ് എല്ലാം ക്ഷണികമായി എല്ലാത്തിനും ക്ഷണികമായി സ്വീകരിക്കും ക്ഷണികവിജ്ഞാനമാണ് ആത്മാവും ക്ഷണികവിജ്ഞാനമാണ് ആലയവിജ്ഞാനം പിന്നെന്താണവിടെ പ്രത്യേകത അർത്ഥക്രിയ കാര്യത്തോണ്ട് അർത്ഥക്രിയ കാര്യത്വം എന്ന് പറയുന്നുണ്ട് സഫലപ്രവൃത്തി ജനകത്വമുണ്ട് എല്ലാം ക്ഷണികമാണെങ്കിലും അവയിലെല്ലാം എന്തുകൊണ്ട് സഫലപ്രവൃത്തി ജനകത്വം ക്ഷണികമായാലും സബലപ്രവൃത്തി ജനകത്വം എല്ലായിടത്തും വരാം അപ്പൊ ചിതാത്മാവിന്റെ സത്വം എന്ന് പറഞ്ഞാൽ അവര് പറയുന്നതനുസരിച്ച് എന്താണ് സബലപ്രവൃത്തി ജനകത്വമാണ് സബലമായ പ്രവൃത്തികൾ ചെയ്യുന്നു ചിതാത്മാവ് സബലമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ സബലപ്രവൃത്തി ജനകത്വം എന്ന് പറയുന്ന അർത്ഥക്രിയാകാര്യത്വമാണ് എന്റെ തത്വം അല്ലെങ്കിൽ ന്യായവൈശേഷികന്മാർ പറയുന്ന പോലെ എന്തുപറയുന്നു സത്താസംവായം ഈ രണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാലും ദ്വൈതം വരും അപ്പോൾ ആത്മാവിൽ സത്തയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് വസ്തുക്കൾ തോന്നുന്നു ആത്മാവും സത്തയും അദ്വൈതമായി ത്വം എന്ന് പറയുന്ന ഒരു ധർമ്മത്തെ സ്വീകരിച്ചാൽ ആത്മാവ് വന്നു അർത്ഥക്രിയാകാരിത്വവും വന്നു അപ്പൊ ആത്മാവിനെ സ്വത്താക്കുന്നതിനുവേണ്ടി സത്തേ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും ആ സ്വീകരിച്ച സത്ത സത്താണോ സത്താണ് ആത്മാവിനെ സത്താക്കാൻ വേണ്ടി എന്ത് സ്വീകരിച്ചു ആ സത്ത സത്താണോ അസത്താണ് അസത്താണെങ്കിൽ അതുകൊണ്ട് ആത്മാവസത്താകത്തില്ല ഇനി അത് സത്താണെങ്കിൽ അതിനടുത്തം എന്താണ് അതിൽ സ്വഭാവ സംബന്ധത്തിൽ സത്തയിരിക്കുന്നു എന്നാണ് എവിടെ സത്തയിൽ സത്തയ്യുന്നു കഴിഞ്ഞാൽ എന്ത് ദോഷം വരും അന്യോന്യ അനവസ്ഥ ദോഷം വരും കാരണം അതിൽ രണ്ടാമത്തെ സത്തയെ സത്തയാക്കുന്നതിന് മൂന്നാമത്തെ സത്തയെ സ്വീകരിക്കണം മൂന്നാമത്തെ സത്തയെ സ്വീകരിക്കുന്നതിന് നാലാമത്തെ സ്വീകരിക്കണം അങ്ങനെ അനവസ്ഥ അതിന് അന്ധപരമ്പര എന്നും പറയും ഒന്നിനെ ശരിയാക്കാൻ വേണ്ടി മറ്റൊന്നിനെ സ്വീകരിക്കുക അതിനെ ശരിയാക്കാൻ വേറെ സ്വീകരിക്കുക അവസാനം ഒന്നും കണ്ടെത്താൻ കഴിയാതിരിക്കുക ഇങ്ങനെ വരുന്നത് അനവസ്ഥ ദോഷം വരുന്നിടത്തല്ല അന്ധപരമ്പര എന്ന് പറയുന്ന ദോഷവും വരും കാരണം തുടക്കം കണ്ടെത്താൻ കഴിയത്തില്ല അപ്പൊ എന്ത് പറയും തുടക്കം കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അനാദി അനാദി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ തുടക്കം കണ്ടെത്തി കണ്ടെത്താത്തിടത്തോളം കാലം ഈ ആദ്യം പറഞ്ഞത് അസംബന്ധമാണ് അത് അസംബന്ധമായി എവിടെയെങ്കിലും അതിനൊരു തുടക്കം കണ്ടെത്തണം അതായത് പറയുകയാണ് ഈ വൃക്ഷത്തിലൊരു ഭൂതം ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങളെങ്ങനെയായിരുന്നു അപ്പം പറഞ്ഞു അപ്പൊ അപ്പം പറഞ്ഞു പറഞ്ഞ അവിടെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റില്ല അപ്പനോട് ചോദിച്ചു അപ്പൂന്ന് പറയുന്ന അത് എന്റെ അപ്പം പറഞ്ഞാണ് അപ്പം പറഞ്ഞാണ് അപ്പം പറഞ്ഞാണ് അപ്പൊ ഇത് ഭൂതം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പനെ തേടിപ്പോയാന്ന് വരും അന്ധപരമ്പര ആരെയും കിട്ടത്തില്ല എന്നുകൊണ്ട് അപ്പുപ്പനപ്പുപ്പൻ അനാധിയിലേക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അതിനൊരു അവസാനത്ത് ഉത്തരം കിട്ടാതെ ഈ പറഞ്ഞ ആളെന്താണല്ലോ ഒരാളെ പറഞ്ഞല്ലോ വിഷത്തിൽ ബോധമുണ്ടെന്ന് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല അയാള് പറഞ്ഞതിന് പ്രമേയായി സ്വീകരിക്കാൻ കഴിയില്ല അതാണ് അന്ധപരമ്പര അനവസ്ഥാദോഷം വരുന്നിടത്തില്ല അന്ധപരമ്പരയും വരും പിന്നെ അതിനെ പരിഹരിക്കുന്നത് എന്താണ് അതിന് പ്രമാണമുണ്ടെങ്കിൽ അനവസ്ഥ ദോഷമില്ല എന്താ പരമ്പര്യം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ കുറിച്ച് പറയുന്നു പൂർവകൽപ്പത്തിന്റെ സംസ്കാരം ഈ സൃഷ്ടി പൂർക്കൽപ്പം അനുപൂർവ്വത്തെ സംസ്കാരം അനുപൂർവ്വത്തെ സംസ്കാരം അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തോരും അനാദി അതിന് പ്രമാണമാണ് പ്രപഞ്ചം അനാദിയാണെന്നുള്ളതിന് പ്രകൃതിയും വൃക്ഷം ജീവ വിദ്യാദിയും പ്രകൃതി അനാദിയാണെന്നാണ് പറയുന്നത് അനാദിയാണെങ്കിൽ ദോഷമുണ്ട് അതിനോ അനാദിക്ക് പ്രമാണമുണ്ടെങ്കിൽ പ്രമാണമില്ലെങ്കിൽ ദോഷം എന്താ പറയുക ദോഷം അപ്പൊ പ്രമാണത്തെ കാണും അതാണ് ദൈവത്തെ സംബന്ധിച്ചാണെങ്കിലോ ഒന്നേ ഉള്ളൂ സത്യമായിട്ട് അതിന് സത്ത സമവായമോ അൽപ്പക്രിയാകാരി ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടെണ്ണം വരും ദ്വൈതാവൈതം പോലും അതുകൊണ്ട് ചിതാത്മാവിന്റെ സത്വം സത്തായിരിക്കുന്ന എന്താണോ പ്രകാശിക്കുക അത് വേറെ അതിനൊരു സത്വം സ്വീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നത് അന്യസത്യം സ്വീകരിച്ചാൽ അർത്ഥക്രിയാകാരി മറ്റൊരർത്ഥക്രിയാകാര്യത്തിൽ സ്വീകരിച്ചാൽ കല്പന ഇതെല്ലാം ഏറെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വരും അന്തപരമ്പ ദോഷം വരും അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രകാശമാനത ഏവസത്ത അഭിവേദവ്യ എല്ലാത്തിൻ്റെയും സത്ത എന്താണ് അത് അനുഭവപ്പെടുന്നു എന്ന് തന്നെ സ്വീകരിക്കുന്നു സത്തായി അനുഭവപ്പെടുന്നു അത് അപ്പൊ ദേഹാദികളുടെ സത്യ എന്തെന്ന് ചോദിക്കുകയാണ് ദേഹാദികളുടെ സത്യം എന്താണ് പ്രകാശമാനത അത് അനുഭവപ്പെടുന്ന അതാണ് അതിന്റെ സത്യം സത്താച്ചിതാത്മവേഹാദികളുടെ സത്യ എന്താണ് അത് അനുഭവപ്പെടുക എന്നുള്ളതാണ് ചിതാത്മാവിന്റെ സത്യ എന്താണ് അതും അനുഭവപ്പെടുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ചിതാത്മാവിനെ പോലെ തന്നെ സത്യമുള്ളതാണ് ദേഹാദികൾ എന്നുകൊണ്ട് ചിതാത്മാവിന്റെ സത്യം എന്താണ് അത് അനുഭവപ്പെടുക എന്നുള്ളത് ദേഹാദികളുടെ സത്യം എന്താണ് അനുഭവപ്പെടുക എന്നുള്ളത് അങ്ങനെ തഥാചേഹാ തഥാ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതാത്മാവിന്റെ സത്വം പോലെയാണ് ദേഹാദികളുടെ സത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ്രകാശമാനത്വ അസന്ത ചിതാത്മാവ് അതുകൊണ്ട് ദേഹാദികളും എന്താണ് അനുഭവപ്പെടുന്നുണ്ട് അസത്തല്ല ഏതുപോലെ ചിതാത്മാവിനെ പോലെ ചിതാത്മാവ് അസത്തല്ല എന്നുകൊണ്ട് അനുഭവപ്പെടുന്നു ദേഹാദികൾ അസത്തല്ല എന്നുകൊണ്ട് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പം രണ്ടും എന്തായി സ്വീകരിക്കേണ്ടി വരും സത്തായി സ്വീകരിക്കേണ്ടിവരും അല്ല ഇനി ബലമായിട്ട് ദേഹാദികളെ അസത്തായി സ്വീകരിച്ചാലോ പറയാന് അങ്ങനെയല്ല ദേഹാദികൾ അസത്താണ് അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അസത്വയു പ്രകാശമാന തത്ത് എന്നാ അത് പോലെ വന്ധ്യാവുരിനെ പോലെ വന്ധ്യാപുത്ര അസത്താണ് അനുഭവം ഇല്ല അസത്വ അസത്തായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തിനെ എന്ന പ്രകാശമാനാഹ അവ അന്ധ്യാപത്രം പോലെ പ്രകാശിക്കാതിരിക്കും അപ്പൊ എന്തോരം തഥാ ച ദേഹാദേഹ പ്രകാശമാനത്വ നസന്ത അപ്പോ ചിതാത്മാവിന്റെ സത്വം പ്രകാശമാനതയാണ് ദേഹാദികളും അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് സത്താണെന്ന് തന്നെ തഥാഹാദ പ്രകാശമാണ് ദേഹാദികളും അനുഭവപ്പെടുന്നെന്താണ് അസന്ത അസത്തല്ല അസത്തായിരുന്നെങ്കിൽ അതുപോലെ അസത്വേന പ്രകാശമാണ് ഈ ദേഹാദികൾ അസത്തായിരുന്നെങ്കിൽ എന്ത് വരും പ്രകാശിക്കില്ല അനുഭവപ്പെടത്തില്ല തത് കഥം തസ്മാത് അങ്ങനെയാണെങ്കിൽ എന്ന അങ്ങനെയാണെങ്കിൽ കഥ എങ്ങനെയാണ് സത്യാനൃതയോഹോ മിഥിനീഭാവം നേരത്തെ പറഞ്ഞ സത്വവും അനൃതയും തമ്മിലുള്ള മി മിഥിനീഭാവം അങ്ങനെ സംഭവിക്കും കാരണം ഇവിടെ സത്യമേ ഉള്ളൂ ദേഹാദികളിൽ അനൃതമായതുകൊണ്ട് അതില്ല സംഭവിക്കണമെങ്കിൽ എന്ത് വേണം രണ്ടെണ്ണം വേണം ദേഹവും വേണം ദേഹാദികളും വേണം ആത്മാവും വേണം അനാത്മാവും വേണം എന്നറിയാൻ മിഥിനീ ഭാവം സംഭവിക്കും ഇവിടെ പറയുന്നു ആത്മാവ് സത്യമാണ് ദേഹാദികൾ അസത്താണ് പറയുന്നത് അസത്യവിഭാവം ദേഹാദികൾ അസത്തായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ന പ്രകാശമാണ് ആഹാദ അനുഭവപ്പെടുത്തേയില്ല അനുഭവപ്പെടാതിരുന്നു കഴിഞ്ഞാൽ തസ്മാ കഥം സത്യാനം മിഥിനീ ഭാവം പിന്നെ മിഥിനീഭാവം സംഭവിക്കും പൂർവോക്ഷ യോഗിക്കുകയാണ് ദേഹാദികളൊക്കെ ഇപ്പം അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ അതിനെ അസത്തായെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തോരം മിഥിനീഭാവം സംഭവിക്കത്തില്ല തത് അഭാവ്യവാ കസ്യ കുതോ ഭേദാഗ്രഹ മിഥിനീഭാവം ഇല്ലെങ്കിൽ എന്തോരം ഭേദാഗ്രഹം മരത്തിൻ്റെ കൂടെ ആത്മാവ് മാത്രമേ ഉള്ളൂ അനാത്മാവില്ല അപ്പോൾ ഭേദമില്ല പിന്നെ ഭേദാഗ്രഹം എങ്ങനെ ഉണ്ടാവും രണ്ടും തമ്മില് കുതോവാ ഭേദാഗ്രഹ പിന്നെ എങ്ങനെ ഭേദാഗ്രഹം ഉണ്ടാവും തത് അസംഭവേ ഇപ്പം മിഥിനീഭാവമില്ല ഭേദ അഭാവവും ഇല്ല ഭേദാഗ്രഹവുമില്ല കുതോ അധ്യാസം ഇല്ല എങ്ങനെ അധ്യാസം ഭവിക്കും അപ്പം നേരത്തെ പറഞ്ഞു എന്താണ് മിഥുനീഭാവം അതുകഴിഞ്ഞെന്തു വരുന്നു ഇതിരേതരവിവേകം അത് കഴിഞ്ഞ് എന്തുവരുന്നു അധ്യാസം അത് കഴിഞ്ഞ് എന്ത് വരുന്നു വ്യവഹാരം നമ്മുടെ മിഥുനിഭാവം സംഭവിക്കുകയില്ല ദേഹാദികൾ അസത്തായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിരെയെതിരെ അവയോഗം സംഭവിക്കില്ല അതും സംഭവിച്ചില്ലെങ്കിൽ എന്ത് വരില്ല അധ്യാസം ആഹ് ആശയവാൻ ഈ ആശയമുള്ളവനായ ആഹാ പൊറോക്ഷി പറയുന്നു ആഹാ ആക്ഷേപ്ത ചോദിക്കാണ് കോയം അധ്യാസം ഒന്നും ഈ അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം ഇവിടെ പറഞ്ഞ് മിഥ്യാജ്ഞാനോ നിമിത്ത മിഥ്യാജ്ഞാനോ അധ്യാസം എന്ന് പറഞ്ഞു പിന്നെ അധ്യസ്യ വ്യവഹാര കൊണ്ടാണ് വ്യവഹാരം എന്ന് പറഞ്ഞു ചോദിക്കുന്നത് എന്താണ് ഈ അധ്യാസം കോയം അധ്യാസേ ആക്ഷേപാർത്ഥത്തിലാണ് ക ചോദിക്കുന്നത് വെറും ചോദ്യമല്ല അവര് ഏ അത് തന്നെ അപേക്ഷിന്ന് പറയുന്ന ആക്ഷേപാർത്ഥത്തിലാണെന്ന് ഇത് നിഷേധിച്ചുകൊണ്ട് ചോദിക്കാണ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതി ഉം പ്രതിക്ഷിപതി സമാധാത എന്ന് പറഞ്ഞാൽ സമാധാനം പറയുന്നവൻ ലോകസിദ്ധം അധ്യാസലക്ഷണം ആചക്ഷാണവ ലോകസിദ്ധമായ അധ്യാസ ലക്ഷണത്തെ എന്നുവെച്ചാ ഇവിടെ പറയാൻ പോകുന്ന അധ്യാസത്തിന്റെ ലക്ഷണം ലോകപ്രസിദ്ധമാണ് ആയ ആചക്ഷണ ആചക്ഷണ എന്ന് വെച്ച പറഞ്ഞുകൊണ്ട് ആര് സമാധാത സമാധാനം പറയുന്ന പൂർവോക്ഷല സിദ്ധാന്തി സിദ്ധാന്തി അധ്യാസത്തിന്റെ ലക്ഷണം ആദക്ഷണ എന്ന് വെച്ചാൽ പറയുന്നു പറഞ്ഞുകൊണ്ട് എങ്ങനെയുള്ള ലക്ഷണം ലോകപ്രസിദ്ധമായ ലക്ഷണത്തെ പറഞ്ഞുകൊണ്ട് ആദക്ഷാണയേവ പറഞ്ഞുകൊണ്ട് അതിന് ആക്ഷേപം പ്രതിക്ഷിപതി ആക്ഷേപത്തെ പ്രതിക്ഷിപതി എന്ന് വെച്ചാൽ മറുപടി പറയുന്നു അല്ലെങ്കിൽ ആക്ഷേപത്തെ നിരാകരിക്കുന്നു മറുപടി പറയുന്നു എന്നൊക്കെ പറയാം എന്നുവെച്ചാ അധ്യാസത്തിന്റെ അക്ഷണം ഭാഷ്യത്തിൽ പറയുന്നു ഭാഷ്യത്തിൽ എന്താ പറഞ്ഞത് ആഹാ കോയം അധ്യാസോ അതിനാമുഖമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കാരണം ഭാഷ്യത്തിൽ പറഞ്ഞു ൂനോനധർമ്മാശ്ചരിക അത്യന്തോയോധർ മിഥ്യനിമിത്യാ അഹമിത മമേദമതി നൈസർഗിക് ലോകവ്യവഹാര അധ്യാസത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അവിടെ വന്ന വാക്കാണ് അധ്യാസം അധ്യസ്യ എന്ന് പറഞ്ഞവിടെ അധ്യാസം അപ്പോ പൂർവക്ഷി ചോദിക്കുകയാണ് അതാണ് ഇവിടെ പൂർവക്ഷി ചോദിച്ച ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ദേഹ ദേഹാദികൾ അസത്താണോ അസത്താണെങ്കിൽ അതിൻ്റെ പ്രതീതിയുണ്ടോ അസത്താണെങ്കിൽ പ്രതീതി ഉണ്ടാവും പ്രധാ പ്രതീതി ഇല്ലെങ്കിൽ അത് പോലെ അസത്താണോ അങ്ങനെയാണെങ്കിൽ പിന്നെ അധ്യാസം അങ്ങനെ സംഭവിക്കും അപ്പം പിന്നെ എന്താണ് അധ്യാസ് അധ്യാസം സംഭവിക്കണമെങ്കിൽ മിഥിനീ ഭാവം വരണം വിവേകാഗ്രഹം വരണം പിന്നെയാണ് അധ്യാസം സംഭവിക്കേണ്ടത് ഇവിടെ മിഥുനീഭാവം വരുന്നതിന് നിങ്ങള് ദേഹാദികളെ അസത്തെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്നുമില്ല മിനി വിവാഹം സംഭവിക്കില്ല പിന്നെങ്ങനെ അധ്യാസം വരുന്നു ഇത്രയും ഭാഷ്യത്തിന്റെ ആമുഖമായിട്ട് സ്വാമതികാലം പറയുന്നതാണ് ഭാഷയത്തിൽ നിന്ന് ഈ ചോദ്യം ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് പൂർവക്ഷി ചോദിക്കണ എന്താണ് അതിന് ഉത്തരമാണ് ഭാഷ്യകാരം പറഞ്ഞത് അഹാ കോയം അധ്യാസോ എന്താണ് അധ്യാസം അനുത്തരം പറയുന്നു എന്താണ് സ്മൃതിരൂപ പരത്ര പൂർവദൃ ഇനി മുമ്പോട്ട് എണ്ണ പറയും അതസ്മിൻ തദ്ബുദ്ധി അതസ്മിൻ തദ്ബുദ്ധി എന്നൊക്കെ പറയുന്നത് അതിന്റെ ചുരുങ്ങിയ ലക്ഷണം വളരെ ചുരുങ്ങിയ ലക്ഷണം ഇവിടെന്താണ് ലോകപ്രസിദ്ധമായ അധ്യാസ ലക്ഷണമെന്ന് പറയുന്നത് സ്മൃതിരൂപാസ അത് വിശദീകരിക്കുന്നു അതിൽ ആദ്യം അവഭാസത്തെ വിശദീകരിക്കുന്നു അവസന്നോ അവമതോ അവസന്നമായ അല്ലെങ്കിൽ അവമതമായ രണ്ടിടത്തും അവ എന്ന് പറയുന്ന ഉപസർഗമുണ്ട് ഷബ്ദിൽ വിസരണ കത്തിയ അവസാ അവസാദന യോഗം എന്ന് പറയുന്ന ധാതുവിൻ്റെ നിന്ന് അവസന്നു പറയും മനധാതുവിൽ നിന്ന് അവമതാന്ന് പറയും അവസന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നശിച്ചുപോക നശിച്ചുപോകുന്നു അനുഭവം രജിസർ അവ മതം എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടുന്ന അനുഭവം ഉദാഹരണം മരുമരീചികൾ അവസന്നമായ ഭാസം അല്ലെങ്കിൽ അവമതമായ ഭാസം അതാണ് അവഭാസം അവഭാസത്തിന് ഭാമതികാരം പറയുന്ന അർത്ഥമാണ് കാരണം അവഭാസം എന്ന് വെച്ചാൽ പ്രതീതി അനുഭവം അർത്ഥം അനുഭവം എന്ന് പറഞ്ഞാൽ സത്യവുമാകാമല്ലോ ഭ്രാന്തി തന്നെ ആയിരിക്കണമെന്നില്ല അതുകൊണ്ടിവിടെ അതിനു പറഞ്ഞ ആ ലക്ഷണത്തില് സ്മൃതിരൂപ പരത്ര പുറദിഷ്ട അവഭാസം എന്ന് ലക്ഷണം അതിന്റെ അവസാനം വന്ന അവഭാസ അതിന് പ്രത്യേകം ഭാഗമതി കാലാർത്ഥം പറയുന്നത് എന്താണ് അവസന്നോ അവമതോ വ ഭാസോ അവഭാസ അവസന്നമാകുന്നു പൂർണ്ണമായും നിശ്ചിച്ച് പോകുന്നു ഉദാഹരണം എന്താണ് അവമതമാകുന്നു അവമതിക്കുക എന്ന് പറഞ്ഞാൽ തിരസ്കരിക്കുക നിന്ദിക്കുക എന്നൊക്കെയുള്ള അർത്ഥം അവമതിക്കുന്ന ഭാസം അനുഭവം അതെന്താണ് അത് നശിച്ചില്ലെങ്കിലും അവിടെ എന്ത് സംഭവിക്കും ബാധ സംഭവിക്കും അസത്യമാണെന്ന് ബോധിക്കും അപ്പൊ അത് നശിച്ചില്ലെങ്കിലും അസത്യമാണെന്നത് ബോധിക്കുന്നോണ്ട് അതെന്തായി അവമതമായ ഭാസം ഭാസമാണ് ഷജ അങ്ങനെയല്ല അത് അപ്പൊ എന്ത് മനസിലാവും അത് അവഭാസമാണ് ഭ്രാന്തി ആണോ അഭ്യാസമാണെന്ന് മനസിലാവും അവസന്നോ ഒസന്ന അവമതോ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യാന്തര ബാധ്യ അവസാദോ അവമാനോവ പ്രത്യാന്തരം കൊണ്ട് ബാധിക്കപ്പെടുക മറ്റൊരു ജ്ഞാനം കൊണ്ട് പ്രത്യാന്തരം എന്ന് വെച്ചാൽ അന്യപ്രതി മറ്റൊരു ജ്ഞാനം കൊണ്ട് ബാധ ബാധിക്കപ്പെടുക എന്നുള്ളത് അസ്യ അവസാദം അല്ലെങ്കിൽ അവമാനം താൻ തന്നെ പറഞ്ഞ അവസന്ന അവസന്നമായ ഭാസം എന്ന് പറഞ്ഞു അവസന്നമായ ഭാസം എന്ന് പറയുന്ന ഒരു അവസാദമുണ്ട് ശബ്ദത്താണ് അവസന്നമെന്ന് പറയുമ്പോൾ അത് നിഷ്ഠയുടെ രൂപമാണ് അവസാദമെന്ന് പറയുമ്പോൾ അത് ഖഞ്ഞന്തമാണ് അപ്പോൾ ഭാസം അവസന്നമാകുന്നെന്ന് പറഞ്ഞാൽ അത് നശിക്കുന്നു എന്നാണ് അപ്പോൾ അതിലൊരവസാദമുണ്ട് നാശമുണ്ട് The and, ീ ഭാസത്തിന്റെ രജ്ജു സർപ്പഭാസം അതിന്റെ അവസാദം എന്ന് പറയുന്നത് എന്താണ് പ്രത്യാന്തര ബാധം മറ്റൊരു പ്രത്യജ്ഞാനം കൊണ്ട് ബാധിക്കുക എന്ന് പറഞ്ഞാൽ രജുജ്ഞാനം കൊണ്ട് സർപ്പജ്ഞാനം ബാധിച്ചു പോകുക അതിനെയാണ് എന്താണ് അവഭാസത്തിലെ അവസാദം എന്ന് പറയുന്നത് ഇനി അവമാനം എന്ന് പറഞ്ഞാൽ അവധ കാരണം അവമതമാണ് അവമതമായ ഭാസമാണ് അവമതം എന്ന് പറയുമ്പോൾ മരുന്ന് അതൊന്ന് നിഷ്ഠ വരുന്നു അവമാനം എന്ന് പറയുമ്പോൾ ലുട്ട് വരുന്നു അവമാനം എന്ന് വെച്ചാൽ അവിടെ എന്താണ് ബാധ നാശം തന്നെയാണ് അതെങ്ങനെ അതും പ്രത്യാന്തരം കൊണ്ട് മരുപരി മരിചൽ വരുന്നു അവിടെ വെള്ളമൊന്നു കാണുന്നു മറ്റൊരു ഞാനും വരുന്നു എന്താണ് വെറും പ്രകാശമാണ് വെറും വെളിച്ചമാണ് എന്നുള്ള ഞാനും കൊണ്ട് നേരത്തെ വെള്ളമൊന്നുള്ള ഞാനും എന്ത് ചെയ്തു അവമാനമായി അതിന് അതിന് ബാധ എന്ന് പറയാം ബാധ എന്ന് പറയാം മറ്റൊരു നാശമൊന്നും പറയാം എന്നുവെച്ചാൽ അത് അസത്യം ഒന്ന് ബോധിക്കുന്നതാണ് അവമാനം സത്യമല്ലാന്ന് അപ്പൊ അവഭാസ ശബ്ദത്തിന്റെ അർത്ഥം ആദ്യം പറഞ്ഞു അവസന്ന ഭാസം അല്ലെങ്കിൽ അവമതഭാസം അത് കഴിഞ്ഞ് അതിൽ വരുന്ന അവസന്നം അവമതം ഈ രണ്ടെണ്ണത്തിന്റെ അർത്ഥമാണെന്ന് പറഞ്ഞത് അവസാദവും അവമാനവും അവസാദം എന്ന് പറഞ്ഞാലും അവമാനം എന്ന് പറഞ്ഞാലും രജു ർപ്പത്തിലായാലും ശരിയും വരിചയയിലായാലും സംഭവിക്കുന്ന എന്താണ് അവിടെ മറ്റൊരു ജ്ഞാനം വരുന്നത് ആ ജ്ഞാനത്തിന് അധിഷ്ഠാന ജ്ഞാനം എന്ന് പറയാം അധിഷ്ഠാന ജ്ഞാനം നിന്നു ആ ഭ്രാന്തി ബാധിക്കപ്പെടുന്നു ഇതാണ് രണ്ടിടത്ത് സംഭവിക്കുന്നത് ആഭ്യാസം എന്ന് പറഞ്ഞ ചെറുപ്പം എന്തായി അധിഷ്ഠാന ജ്ഞാനം ബാധിക്കപ്പെടുന്ന ജ്ഞാനമാണ് എന്ത് അവകാസം ആ അവകാസത്തേണ് അധ്യാസം അധ്യാസം എന്താണെന്ന് പറയും ആ ഒരു വാക്കിൽ നിന്ന് തന്നെ അധ്യാസത്തിന്റെ അർത്ഥം എന്താണ് അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് ബാധിക്കപ്പെടുന്നതായ ജ്ഞാനമാണെന്ത് അവഭാസം ഈ അവഭാസത്തേനെന്തു പറയുന്നത് അധ്യാസം ബ്രഹ്മം ഭ്രാന്തി വിപരീതജ്ഞാനം ഈ ശബ്ദങ്ങൾ കൊണ്ടെല്ലാം പറയുന്നത് തന്നെയാണ് അതാണ് പ്രത്യാന്തര ബാധശ്ചാസ്യോ അവ മിഥ്യജ്ഞാനം ഇത്യുക്തം ഏതാവധാ ഇത്രയും പറഞ്ഞതുകൊണ്ട് എത്രയും കൊണ്ട് അവഭാസം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എവിടെ അധ്യാസലക്ഷണം പറഞ്ഞെടുത്ത് ഭാഷകാരൻ ഏത് പദം പറഞ്ഞു അപഭാസ എന്ന് പറയുന്ന പദം പറഞ്ഞു സ്മൃതിരൂപ പരത്ര പുറദിഷ്ട അവഭാസം എന്ന് പറയുന്നത് അധ്യാസത്തിന്റെ ലക്ഷണമാണ് ആ ലക്ഷണത്തിൽ ഒരു പദം ഒന്ന് ഏതാണ് ഈ അവഭാസം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്താണ് മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏതാവധ കൊണ്ട് എത്രയും കൊണ്ട് അവഭാസ പദം കൊണ്ട് മിഥ്യാജ്ഞാനം ഈതിയുക്തം പൗതി മിഥ്യാജ്ഞാനം എന്ന് എന്നാണ് ആര് പറയുന്നത് ഭാമധികാരം പറയുന്നു അതാണ് നേരത്തെ അധ്യാസം എന്ന് പറഞ്ഞപ്പോ ഭാമധികാര എന്താർത്ഥം പറഞ്ഞു മിഥ്യാജ്ഞാനം അധ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് മിഥ്യാജ്ഞാനം എന്തുകൊണ്ടെങ്ങനെ പറഞ്ഞു കാരണം ഇവിടെ അധ്യാസത്തിന്റെ ലക്ഷണം ഭാഷകാരം പറഞ്ഞപ്പോ എങ്ങനെ പറഞ്ഞു ലക്ഷണം സ്മൃതിരൂപ ക്ഷണം പറഞ്ഞപ്പോൾ അതിലെ അവവാസ പദത്തിന്റെ തന്നെ അർത്ഥം എന്താണ് മിഥ്യാജ്ഞാനാണ് അതുകൊണ്ടാണ് അധ്യാസം മിഥ്യാജ്ഞാനും അപ്പൊ അധ്യാസം എന്ന് പറഞ്ഞാലും ഭ്രാന്തി എന്ന് പറഞ്ഞാലും മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ ഉപവ്യാഖ്യാനം ഉപവ്യാഖ്യാനം എന്ന് വിസ്തൃതമായ വ്യാഖ്യാനമാണ് ബാക്കിയുള്ളത് ഏത് സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ട എന്നെല്ലാം പറയുന്നത് അതിന്റെ വിസ്തൃതമായ വ്യാഖ്യാനമാണ് ഉപവ്യാഖ്യാനം എന്ന് വെച്ചാൽ വിസ്തൃതമായ വ്യാഖ്യാനമാണ് അപ്പോൾ ഈ ലക്ഷണം മിക്കവാറും എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളതാണ് അതസ്മിൻ തദ്ബുദ്ധി എന്ന് ഇനി പറയും തദ്ഭാവതി തത്പ്രകാരക ജ്ഞാനം തർക്കികാരന്മാർ പറയുന്ന ഇത് തന്നെയാണ് രജതത്വ അഭാവവതി രജതത്വപ്രകാരക ജ്ഞാനം എന്നെല്ലാം പറയുന്നത് ഇത് തന്നെയാണ് കുമാരല ഭട്ട വരും മിഥ്യാജ്ഞാനം ത്രിതാഭിന്നം സംശയ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നതിൽ എന്താണ് മൂന്നു തരത്തിലാണ് പറയാം അതിന് മിഥ്യാത്വം അജ്ഞാനം സംശയം ഇങ്ങനെയൊക്കെ പലരും പറയുന്ന രീതി തന്നെയാണ് വിപരീകമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് വിശ്രൃത ലക്ഷണം പറയാണ് ഇതെ പൂർവദൃഷ്ട അവഭാസ പൂർവദൃഷ്ട അവഭാസ ആ പൂർവ്വദിഷ്ട അവഭാസ എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിക്കുന്നു ഭാമതികാര് പൂർവദൃഷ്ടത്തിന്റെ അവഭാസമാണെന്ത് പൂർവ്വദിഷ്ട ഔപാസം എന്താണെന്ന് നേരത്തെ പറഞ്ഞു അവസന്നോ അവമതോ വാഭാസോ ഉപാസഹ അപ്പൊ പൂർവദിഷ്ടമായ അവഭാസത്തെയാണ് എന്ന് പറയുന്നത് അത് ശരിയാണ് മുമ്പ് കണ്ട ആ സർപ്പത്തെ അതിനാണല്ലോ ഇപ്പൊ രജ്ജു വീട്ടിലും സർപ്പം ഒന്ന് കാണുന്നു പൂർവദിഷ്ടമായ ശുതിക അതിനെയാണ് രജതം അതിനാണ് ശക്തിയിൽ വീണ രചതെന്ന് കാണുന്നത് പക്ഷെ അതിന് ചെറിയ വ്യത്യാസമുണ്ട് അത് വിശദീകരണത്തിൽ പറയും കണ്ട അതേ കാര്യത്തെയല്ല കാണുന്നത് പക്ഷെ അത് പൂർവ്വദിഷ്ടമാണ് അതാണ് പൂർവ്വദുഷ്ടവഭാസ പൂർവ്വദിഷ്ട അവഭാസ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പൂർവ്വദൃഷ്ടമായതിന്റെ അവസം എന്ന് പറയാനെന്താ കാരണം അതടുത്ത് പറയുന്നു മിഥ്യ പ്രത്യക്ഷമാത്രമുപയുജ്യത്തെ വസ്തുസത്തേതിഷ്ഠ എന്ന് പറയുന്ന എന്തിനാണ് കാലം നേരത്തെ പറഞ്ഞു മിഥുനീകരണം സംഭവിച്ചാലേ ഇതിരേതരവേകം വരും അത് സംഭവിച്ചാലേ എന്തു വരത്തുള്ളു വിജയാസം നേരത്തെ പൂർവോക്ഷി പറഞ്ഞു ശരീരാദികളെ അസത്താണെങ്കിലതില്ല അധ്യാപത്തിനെ പോലെയാണ് അപ്പൊ മിഥുനീകരണം സംഭവിക്കില്ല അപ്പൊ ഇവിടെ ഇത് ശരീരാദികളും അധ്യാപനം പോലെ അസത്തല്ല എന്നാണ് എന്നാൽ അതെന്താണ് അസത്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൂർവ്വദൃഷ്ടം എന്ന് പറഞ്ഞത് മുമ്പ് കണ്ടത് ഇപ്പോ മുമ്പ് കണ്ടത് എന്താണ് സർപ്പം മുമ്പ് കണ്ടത് സർപ്പം അതിനെ വീണ്ടും കൂടെ കാണുകയാണ് അത് ആകാശവിസുവും പോലെ അസത്ത് അല്ല സർപ്പം ആകാശ വിസുഖവും പോലെയാണ് അല്ല മുമ്പ് കണ്ടതാണ് അപ്പൊ അസത്തല്ല നേരത്തെ പറഞ്ഞ പൂർവക്ഷത്തിന് സമാനമായിട്ടാണ് പറഞ്ഞത് പൂർവ്വദൃഷ്ടമാണ് എന്നു പറഞ്ഞാല് അന്ധ്യാപത്തിനെ പോലെ അസത്ത് എവിടെ ഭ്രമം ഉണ്ടാകുന്ന അവിടെയൊക്കെ പൂർവ്വദിഷ്ടമായതാണ് കാണുന്നത് പൂർവദിഷ്ട ഗ്രഹണേന ഗ്രഹണമെന്ന് വെച്ചാൽ ഉച്ചാരണം പൂർവദിഷ്ടം ഉച്ചരിച്ചതുകൊണ്ട് എവിടെ ഉച്ചരിച്ചു ലക്ഷണത്തിൽ ഉച്ചരിച്ചതുകൊണ്ട് അനൃദം ആരോപണീയം ഉപസ്ഥാപേരി ആരോപണീയം ആരോപിക്കുന്നത് ബ്രഹ്മസ്ഥലത്ത് ആരോപിക്കുന്നത് അനൃതമാണെന്നുള്ളത് ഇവിടെ സ്ഥാപിക്കുകയാണ് അല്ലെന്ന് വെച്ചാൽ അത് അസത്ത് അല്ല എന്നാൽ അത് മിഥ്യ ആണ് അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുമ്പം രണ്ടുണ്ട് ഒന്ന് മിഥ്യയായ ജ്ഞാനം മറ്റൊന്നോ മിഥ്യയായ വസ്തുജുവിലെ സർപ്പജ്ഞാനം ഉണ്ടാകുമ്പോൾ അവിടെ മിഥ്യയായ ജ്ഞാനമുണ്ട് മിഥ്യയായ എന്തുണ്ട് സർപ്പമുണ്ട് അപ്പൊ ഇവിടെ പറയുകയാണ് ആരോപണിയൊന്നുവെച്ചാൽ ആരോപിക്കുന്നത് ആരോപിക്കുന്ന ആ വസ്തു എന്താണ് അനർഥമാണ് അസത്ത് അധ്യാപകരുടെ പോലെ അസത്തല്ലാതെ മിഥ്യാണ് നടത്തും ആരോപണിയും തസ്യ ച ദൃഷ്ടത്വം മാത്രം ഉപയോഗിച്ചതേയല്ല വസ്തു അത് എന്താണ് കണ്ടതാണ് പക്ഷെ അത് പരമാർത്ഥമാണ് സർപ്പത്തെ മുൻപ് കണ്ടിട്ടുണ്ട് അത് പരമാർത്ഥം പരമാർത്ഥമായിട്ടൊന്നേ ഉള്ളൂ ഏതാണ് ചിതാത്മ ബാക്കിയൊന്നും പരമാർത്ഥമല്ല പക്ഷേ സർപ്പം മുൻപ് ഉണ്ടായിരുന്നു അതിന് സാധാരണ പറയും വ്യാവഹാരിക സത്തയുള്ള വ്യാവഹാരിക സത്തയുള്ള സർപ്പത്തെ മുമ്പ് കണ്ടിട്ട് പ്രാതിഭാസിക സത്തയുള്ള സർപ്പത്തെ ആരോപിക്കുന്നു ആണ് ഭ്രാന്തി ഉള്ളടത്ത് എന്ത് സത്യുള്ളത് പ്രാതിഭാസിക സത്തയുള്ള സർപ്പം മുമ്പ് കണ്ടത് എന്താണ് വ്യാവാരിക സത്യ എന്ന് വെച്ചാൽ അത് പരമാർത്ഥമല്ലാന്നർത്ഥം നമ്മൾ പറയുന്നത് തസ്യ എന്നു വെച്ച ആരോപണീയമായ ആ പ്രാതിഭാസിക സത്തയുള്ള സർപ്പത്തിന് ദൃഷ്ടത്വം മാത്രം ഉപയോഗിച്ചതേ ദൃഷ്ടത്വം അത് കണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ അധ്യാസത്തിൽ അതിന്റെ ഉപയോഗമുള്ളൂ ഒരിക്കൽ അത്രയേ ഉള്ളൂ അതിന്റെ ഉപയോഗം അത് വസ്തുസത്ത അതിന്റെ പരമാർത്ഥസത്തേടെ ആവശ്യമില്ല ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ദൃഷ്ടഗ്രഹണം അപ്പൊ സർപ്പം എന്ന് പറയുന്നത് ചിതാത്മാവിനെ പോലെ പരമാർത്ഥസത്തെയുമല്ലോണ്ട സത്വം സർപ്പം പിന്നെ ആകാശവിഷ്ണൂത്തെ പോലെ അസത്തും അല്ല മറിച്ചത് മിഥ്യയാണെന്ന് വർത്തമാനം ദൃഷ്ടം ദർശനം എന്ന ആരോപ ഉപയോഗീതി പൂർവേത്യത്വം അവിടെ പൂർവ്വദൃഷ്ടംന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഒരു ഭ്രമം സംഭവിക്കണമെങ്കിൽ രജ്ജുവിന് രജ്ജുവിൽ സർപ്പാനുഭവം ഉണ്ടാവണമെങ്കിൽ ആ സർപ്പത്തെ മുമ്പ് കണ്ടിരിക്കണം ഇപ്പൊ കണ്ടാ പോരാ വർത്തമാനത്തിൽ കണ്ടാ പോരാ വർത്തമാനത്തിൽ കാണുന്നത് എന്താണ് പ്രാതിഭാസിക സത്തയുള്ള സർപ്പമാണ് ആ സർപ്പജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പിൽ എന്തുണ്ടായിരിക്കണം വ്യാവഹാരിക സത്തയുള്ള സർപ്പത്തെ കണ്ടിരിക്കണം അതുകൊണ്ടാണ് പൂർവ്വം എന്ന് പറയുന്നത് ഇപ്പൊ സർപ്പത്തെ കാണുക ആരോപിക്കാതെ നടക്കത്തില്ല കാരണം ഇപ്പം സർപ്പത്ത് ആ കാണുന്ന വ്യാവഹാരിക സത്തയുള്ള സർപ്പമായിരിക്കും പിന്നെ ഇവിടെ അധ്യാസം സംഭവിക്കും അധ്യാസം സംഭവിക്കണമെങ്കിൽ എന്തുവേണം മുമ്പ് എപ്പോഴെങ്കിലും സർപ്പത്തെ കണ്ടിരിക്കണം അത് ജീവനുള്ള സർപ്പം വേണമെന്നില്ല ചത്ത സർപ്പം ആയാലും മതി അല്ല ഇനി കയറുകൊണ്ടുണ്ടാക്കിയ ഒരു സർപ്പമായാലും മതി കടലാസുകൊണ്ടുണ്ടാക്കിയ സർപ്പം ആയാലും മതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർപ്പത്തെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ കണ്ടിരിക്കുന്നത് അതുപോലെ ഒരു സർപ്പത്തെ ആരോപിക്കും കടലാസുകൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കിയത് കണ്ടയാളാണെങ്കിൽ അയാൾ ആരോപിക്കുന്നത് എങ്ങനെയുള്ള സർപ്പമായിരിക്കും ആ കടലാസ കൊണ്ടുണ്ടാക്കിയ സർപ്പത്ത് പോലെയുള്ള ഒരു സർപ്പത്തേരിക്കും ആരോപിക്കുന്നത് എന്തായാലും എപ്പോഴാണ് ഭ്രാന്തി ഉള്ളത് ആ സമയത്ത് സർപ്പത്തെ കണ്ടാൽ പോരാ ആ സമയത്ത് സർപ്പത്തെ കണ്ട സംഭവിക്കും അത് യഥാർത്ഥ സർപ്പമായി ആണ് വർത്തമാനം ദൃഷ്ടം എന്നുവച്ചാ ദർശനം വർത്തമാനത്തിലെ സർപ്പ ദർശനം ആരോപയ പ്രാതിഭാസിക സർവ സർപ്പത്തെ ആരോപിക്കുന്നതിന് ഉപയോഗമുള്ള അതല്ല ഇതി അതുകൊണ്ടാണെന്ത് പൂർവ ഇത്യുക്തം പൂർവ എന്ന് പറഞ്ഞു എവിടെ പറഞ്ഞു തത്ര പൂർവദൃഷ്ടം സ്വരുപേണ സദപി ആരോപണീയതയ അനിർവാച്യം ഇത് ൂർവദുഷ്ടം മുമ്പ് കണ്ട സർപ്പം എപ്പോൾ കണ്ടായാലും മതി ഒരു വർഷം മുമ്പ് കണ്ടായാലും ഇന്നലെ കണ്ടായാലും തൊട്ട് മുമ്പ് കണ്ടായാലും ശരി ആ സർപ്പം സ്വരൂപേണ സത്ത് സ്വരൂപേണ സത്താണെന്ന് വെച്ചാൽ അതിന് വ്യാവഹാരികമായ സത്ത ഉണ്ട് ആണെങ്കിലും ആരോപണീയതയ ഇപ്പം ആരോപിക്കപ്പെടുന്നു എന്ന നിലയ്ക്ക് മുമ്പിൽ ഇപ്പം കാണുന്നു എന്നുള്ള നിലയ്ക്ക് ഇവിടെ ബ്രഹ്മസ്ഥലത്ത് ്രഹ്മസ്ഥലത്ത് കാണുന്ന ആ രൂപത്തിൽ ആരോപണീയ രൂപത്തിൽ എന്ന് വെച്ചാൽ കാണുന്ന ആ രൂപത്തിൽ അണർവാച്യമാണ് അതാണ് അനർത്ഥം എന്ന് നേരത്തെ പറഞ്ഞു എവിടെ പറഞ്ഞു എവിടെ പറഞ്ഞു അനർഥമാണ് സദപ്യ ആരോപണീയതയാ അനർവാചിത്യ അനർഥമെന്ന് പറഞ്ഞെടുത്ത് അതിന് സത്യ അതിനു മുമ്പ് എന്താണ് അതിനു മുമ്പ് അനുദംന്നോന്നു എവിടെ വന്നത് സത്യാന പൂർവ്വദിഷ്ടം എന്ന് പറഞ്ഞാൽ പ്പോ അത് വ്യാവഹാരിക സത്യം ഉള്ളതായിരുന്നു അതാണ് സ്വരൂപേണ സദപി ആരോപണീയത ആ ആ സർപ്പത്തെ കാണുമ്പോൾ അത് ആരോപണീയമായിരിക്കുന്നു ആരോപ ആരോപ വിഷയമായിരിക്കുന്നു ആരോപണീയം വെച്ചാൽ ആരോപത്തിന് വിഷയമായിരിക്കും ഭ്രാന്തിക്ക് വിഷയമായിരിക്കുന്നു അതുകൊണ്ടത് അനർവാച്യമാണ് അണർവാച്യംന്ന് വെച്ചാൽ മിഥ്യ എന്ന് പറഞ്ഞാൽ അനർത്ഥം ഭ്രാന്തി ഉള്ള ആൾ കണ്ടുകൊണ്ടിരിക്കുന്ന സർപ്പമെന്ന് പറയുന്നത് എന്താണ് അത് ആരോപണീയമാണ് അതാച്യമാണ് അത് അനൃതമാണ് അത് മിഥ്യയാണ് ഇനി അതിനെ അസത്തെന്നും പറയാം പക്ഷെ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട് ചിലടത്ത് ഇതിനെ തന്നെ അസത്തെന്നും പറയും ഇവിടെ അസത്ത് വേറെ അനുരുദം വേറെ രണ്ടായി പറയും ഇവിടെ അസത്തെന്ന് പറഞ്ഞാൽ ആകാശവശം ചിലടത്ത് സർപ്പത്ത് എന്ത് പറയും സത്യം എന്നുള്ളത് അതൊക്കെ അതിന്റെ ആ പദങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ചാണ് അർത്ഥം വരുന്നത് ആരോപ വിഷയം സത്യമാഹ ആരോപിഷയം എന്നുവെച്ചോടെ വിഷയം എന്നുവെച്ചാൽ അധിഷ്ഠാനം ആരോപത്തിന്റെ അധിഷ്ഠാനം രജിസ്സർപ്പലത്ത് അധിഷ്ഠാനം ഏതാണ് ആരോപവിഷയം എന്ന് വെച്ചാൽ ആരോപത്തിന്റെ അധിഷ്ഠാനം സത്യം ആഹാ അത് സത്യം ആണ് എന്നു വെച്ചതിന് വ്യാവഹാരിക സത്യം ഉണ്ടെന്ന് അർത്ഥം അതാണ് പറയുന്നത് അവിടെ എന്ന് പറഞ്ഞു പരത്ര പരത്ര പറയുന്നത് വേറെ സ്ഥലത്തോടെ കയറ്റല് അപ്പൊ കയറെന്തായി സത്യമായി സത്യം വെച്ചാൽ വ്യാവഹാരിക സത്യം അതാണ് ആരോപ വിഷയം എന്ന് വെച്ചാൽ ആരോപണ അധിഷ്ഠാനം അത് സത്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് പരത്ര എന്ന് പറഞ്ഞത് അപ്പോ പരത്ര എന്ന് വെച്ചാൽ കയറ്റിൽ പൂർവ്വദിഷ്ടം എന്ന് വെച്ചാൽ നമ്മളുടെ വ്യാവഹാരികമായ ആരോ എന്താണ് പൂർവ്വദിഷ്ടത്തിന്റെ അവഭാസം പ്രാതിഭാസികമായ അനുഭവം അതാണ് ഭ്രാന്തി അതാണ് വിദ്യാജ്ഞാനം അതാണ് അധ്യാസം എന്നർത്ഥം